തൃണാവൃത്തൻ എല്ലായിടത്തും ഇങ്ങനെ മണ്ണ് പൂഴി ഇങ്ങനെ പടർന്നു അതിലശോദ കുഞ്ഞിനെയും കൊണ്ടുപോകുമ്പോൾ എല്ലാ കണ്ണ് കാണാതായി കുഞ്ഞിനെ ചുവട്ടിൽ വെച്ചതും ഈ തൃണാവൃത്തൻ പൊക്കിക്കൊണ്ടുപോയി തൃണാവൃത്തൻ പൊക്കി കൊണ്ടുപോയി കുഞ്ഞോ ഒരു കുട്ടിയെ നമ്മൾ എടുത്താൽ ഒക്കെ എടുത്താൽ ഉടനെ കഴുത്തിൽ പിടിക്കും അതുപോലെ തൃണാവൃത്തനെ കണ്ണം പിടിച്ചു കുട്ടിയുടെ ഭാരം എങ്ങനെ കൂടിക്കൂടി വരുന്നു ഗരിമ യശോന എടുക്കുമ്പോ തന്നെ ഗരിമ ആ ഭാരം സഹിക്കാതെയാണ് ചവിട്ടിൽ വെച്ചത് ഇപ്പൊ തൃണാമൃത്തൻ എടുത്തപ്പോ സഹിക്കവയ്യാത്ത ഭാരം അവൻ പിടിവിട്ടു പക്ഷെ കൃഷ്ണൻ പിടിവിട്ടില്ല കണ്ണും പിടിവിട്ടില്ല ഞാൻ എന്റെ സ്വഭാവം അങ്ങനെയാണ് എന്നെ ഒരിക്കലും നിങ്ങൾ പിടിച്ചിട്ട് പിന്നെ നിങ്ങൾ വിട്ടാതെ ഞാൻ വിടില്ല തൃണാമൃത്തം പിടിവിട്ടപ്പോഴും കണ്ണം പിടിവിട്ടില്ല ആ ഭാരം സഹിക്കവയ്യാതെ അസുരൻ ചവിട്ടിൽ വീണു പാറയിലു വീണ് തൃണാവർത്തൻ വധിക്കപ്പെട്ടു ഇതിനെയൊക്കെ യൗകികമായിട്ടും അർത്ഥം പറയും പൂതനയെ വധിക്കുന്നത് ഒരു ജീവൻ ആത്മാനുഭവത്തിന് ആരംഭിക്കുമ്പോൾ ആദ്യം നമ്മളുടെ ഉള്ളിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള വാസന മുലപ്പാലിന്റെ കൂടെ വരുന്ന വാസനയുണ്ട് അതാണ് നമ്മൾ കൊച്ചുകുട്ടിക്കാലം മുതലുള്ള വാസന ആ വാസനയെ നീക്കലാണ് തിരുാവർത്തൻ വായു സംബന്ധം പ്രാണന്റെ ദൂഷ്യങ്ങളെ നീക്കലാണ് ശകടാസുരൻ ശകടം വെച്ചാൽ ഈ ശരീരം തന്നെ വണ്ടി ഈ വണ്ടിയിലുള്ള ദൂഷ്യങ്ങളെയൊക്കെ നീക്കലാണ് എന്നൊക്കെ യൗകികമായ അർത്ഥം പറയുന്നവരും കൊണ്ട് ഒരു ദിവസം യശോദ കണ്ണനെ മടിയിൽ വെച്ചുകൊണ്ട് കിടക്കുന്നു പെട്ടെന്ന് കുട്ടി വായു തുറന്നു കോട്ടുവായിട ആയത്തോർന്നതും ഖം റോദസീ ജ്യോതിരനേകമാശ സൂര്യന്തുവന്ശ്വസനബുദീംശദ്വീപാന്നുഹിദൂ സ്ഥിരജംഗമാനി വീക്ഷ്യ വിശ്വം സഹസാരാജൻ സഞ്ജാത വേപത സമ്മീല്യ മൃഗാവാക്ഷീ നേത്രേ ആസീത് സുവിസ്മിത ഒരു ക്ഷണത്തിൽ വിശ്വം മുഴുവൻ ആകാശവും ഭൂമിയും സർവചരാചരങ്ങളും അവിടെ കണ്ട് അല്പനേരത്തേക്ക് അന്താളിച്ചുന്നു ഇത് ആദ്യത്തെ ദർശനമാണ് ഇനി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഭഗവാൻ ഇത് കാണിച്ചു കൊടുക്കും പലതര പലവട്ടം ഈ ദർശനം ഭഗവാൻ കൊടുക്കുന്നത് ഈ ഗോപിക യശോദയുടെ അനുഭൂതിയെ ദാർഡ്യം ചെയ്യാനായിട്ടാണ് എന്നുവെച്ചാൽ ജനിച്ചപ്പോ തന്നെ ദേവകിയോട് പറഞ്ഞുവല്ലോ യുവാമ്മാം പുത്രഭാവേന ബ്രഹ്മഭാവേന് പുത്രഭാവം വാത്സല്യം ഇവിടെ ഉണ്ട് ബ്രഹ്മഭാവം ഉണ്ടാവാനായിട്ട് പരമാത്മാവാണെന്ന് തോന്നാനായിട്ട് ഭഗവാനായിട്ട് തന്നെ ദിവ്യ ദർശനങ്ങൾ ഒരു ദിവസം നന്ദഗോപുരുടെ വീട്ടില് ഗർഗപുരോഹിതൻ വന്നു ഗർഗപുരോഹിതനെ കണ്ടപ്പോൾ നന്ദഗോപുര് പറഞ്ഞു ഞങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും പേര് വെച്ചിട്ടില്ല അങ്ങ് നാമകരണം ചെയ്യണം ഗർഗര് പറഞ്ഞു ഞാൻ നാമകരണം ചെയ്താൽ കുട്ടികള് വസുദേവന്റെയും ദേവകിയുടെയും കുഞ്ഞുങ്ങളാണോ എന്ന് കംസൻ സംശയിക്കും അത് വേണോ സാരല്ല ആരും അറിയാതെ നമുക്ക് രഹസ്യമായിട്ട് നാമകരണം നടത്താം എന്ന് തീരുമാനിച്ചു ഏത് ഭഗവാന്റെ നാമമാണോ പരസ്യമാവേണ്ടത് ഏത് ഭഗവാന്റെ നാമമാണോ സർവത്ര ഗാനം ചെയ്യപ്പെടേണ്ടത് ആ ഭഗവാന്റെ നാമകരണം രഹസ്യമായി ചെയ്തു ആദ്യം വലിയ കുട്ടിയെ വിളിച്ചു രോഹിണീപുത്രനെ വിളിച്ചു വിളിച്ചതൊന്നേ നല്ല രസമുള്ള കുട്ടി സ്വർണവർണം കൊഴുമൊഴുന്നുണ്ട് കാണാൻ നല്ല ചന്തം കാണുമ്പോ തന്നെ മനസ്സിനൊരു കുളിർമ്മ എടുത്തു മടിയിൽ വെച്ച ഗർഗപുരോഹിതന് ഒരു സന്തോഷം എല്ലാവർക്കും ആ കുട്ടിയെ ഇഷ്ടമാണ് എല്ലാവരെയും രമിപ്പിക്കും അതുകൊണ്ട് രാമു പിന്നെ ബലം നല്ല ബലമുള്ളതുകൊണ്ട് പരശുരാമൻ ശ്രീരാമൻ ഇതും നോക്കി വ്യത്യാസം അറിയാതായിട്ട് ബലരാമൻ എന്നു പേരുവെച്ചു പിന്നീട് സംഘർഷണൻ എന്നും പേര് വെച്ചു ഈ പേരിലൊന്നും വാസ്തവത്തിലുള്ള അർത്ഥം ഗർഗപുരോഹിതൻ പറഞ്ഞില്ല ഒക്കെ സാമാന്യർത്ഥം കൃഷ്ണനാമത്തിനും സാമാന്യ അർത്ഥമാണ് ഇപ്പോൾ പറയാൻ പോണത് സംകർഷണൻ എന്ന നാമത്തിന് അർത്ഥം രാമൻ എന്ന നാമത്തിന് അർത്ഥം തന്നെ രമിപ്പിക്കുന്നവൻ എന്നർത്ഥം രമിപ്പിക്കുന്നത് എന്താണ് ആത്മ സംകർഷണൻ എന്ന നാമം ആദിശേഷനും ഉണ്ട് ശിവനും ഉണ്ട് ഒരുവിധത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആദിശേഷൻ തന്നെ ശിവനാണ് ശിവൻ തന്നെ ആദിശേഷനാണ് ഹരിഹര അദ്വൈതം നമ്മള് യൌകിക ഭാഷയിൽ ഇവരെ സമ്പ്രദായത്തിലൊക്കെ ഇതിലെ ആദിശേഷൻ എന്ന് പറയുമ്പോഴും സംഘർഷണമൂർത്തിയെ വർണ്ണിക്കുമ്പോൾ കയ്യിൽ ശൂലവും മറ്റുമൊക്കെ പരമേശ്വരന്റെ അംഗങ്ങളോ ആയുധങ്ങളും ഒക്കെ കാണും അതിൽ ശിവനുമാണ് ആദിശേഷനുമാണ് സംഘർഷണം എന്നുള്ളതിന് അർത്ഥമെന്താ നമുക്ക് ലോകത്തിലെ അറിയും ആകർഷണവും അറിയും വികർഷണമറിയും ആകർഷണവും വികർഷണവുമാണ് മായ നമ്മളൊക്കെ പെട്ടിരിക്കുന്നത് അതിന്റെ ഉള്ളിലാണ് ഒന്നിൽ ഏതെങ്കിലും വസ്തു നമ്മളെ ആകർഷിക്കും അല്ലെങ്കിൽ വികർഷിക്കും മനസ്സ് ഉള്ളത്തോളം കാലം ആകർഷണം വികർഷണം ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലാണ് നമ്മൾ ഒന്നിൽ ആകർഷിക്കപ്പെടും അല്ലെങ്കിൽ വികർഷിക്കും അട്രാക്ഷൻ രാഗമുള്ള വസ്തുക്കൾ ആകർഷിക്കും ദ്വേഷമുള്ള വസ്തുക്കൾ വികർഷിക്കും സംഘർഷണം എന്നുവെച്ചാൽ ഈ ആകർഷണവും വികർഷണവും നമ്മളുടെ ഉള്ളിൽ നിന്നും പോയാൽ അതായത് മനസ്സ് തന്നെ മറഞ്ഞുപോയാൽ ഏർപ്പെടുന്ന ആന്തരികമായ നിർവൃത്തി സ്വരൂപാനുഭവത്തിലാണ് സംഘർഷണം എന്ന് പറയുന്നത് ണമൂർത്തിവരൂപോരുദ്ര എന്നൊക്കെ നമ്മള് ശ്രീരുദ്രൻ ജപിക്കുന്നതിന് മുമ്പ് യോസാവാദിത്യ പരമപുരുഷ സയേഷ സംഘർഷണമൂർത്തി സ്വരൂപ അപ്പൊ സംഘർഷണൻ എന്ന് പറയുമ്പോ ഉള്ളിലേക്ക് വലിക്കുന്നവൻ എന്നർത്ഥം ഉള്ളിൽ ഹൃദയസ്ഥാനത്തിലേക്ക് മനസ്സിനെ കൊണ്ട് അടക്കുന്ന ഭഗവാന്റെ രൂപത്തിനെയാണ് സംഘർഷണൻ എന്ന് പറയണർത്ഥം അട്ടെ അപ്പോ ഇവിടെ രോഹിണിപുത്രന് സംഘർഷണൻ എന്നും പേര് ഉടനെ കണ്ണനെ വിളിച്ചു കുട്ടിവെ മടിയിലെടുത്തു വെച്ചു മടിയിൽ വെച്ചതും ഗർഗപുരോഹിതന്റെ താടിയിൽ പിടിച്ചു വലിച്ചു അത്രയും വലിച്ചതുകൊണ്ട് കർഷണം ചെയ്യണത് കൊണ്ട് കൃഷ്ണൻ എന്താ കൃഷ്ണനാമം വയ്ക്കാൻ കാരണം ഗർഗപുരോഹിതൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ കാലത്ത് ഇവൻ ഓരോ വർണ്ണത്തിൽ ജനിച്ചിരിക്കുന്നു ശുക്ലോരക്ത തഥാപീത അധുന കൃഷ്ണതാം ഗതഹ ഒരു കാലത്ത് ഇവൻ വെളുപ്പ് നിറത്തിൽ ജനിച്ചു പിന്നെ ഇവിടെ ചുവന്ന നിറത്തിൽ ജനിച്ചു ഈ മഞ്ഞ നിറത്തിൽ ജനിച്ചു ഇപ്പ കറുത്ത നിറത്തിൽ ജനിച്ചു വെക്കണം അതുകൊണ്ട് ഇനി കറുപ്പ്സ്വാമി എന്ന് പേര് വെക്കാവുന്നു കൃഷ്ണഹന്നുള്ള നാമത്തിന് അർത്ഥം ഗർഗാചാര്യർ പറഞ്ഞത് കറുപ്പുസ്വാമി മലയാളത്തിൽ കാണും ഈ ചില ജാതികളിലൊക്കെ കാണാൻ കറുപ്പൻ എന്ന് പേരുണ്ടാവും തമിഴ്നാട്ടിലൊക്കെ പോയാൽ കറുപ്പുസ്വാമി കന്ദസ്വാമി കറുപ്പുസ്വാമി ഇപ്പൊ കറുപ്പുസ്വാമി എന്ന് വെച്ചാൽ കൃഷ്ണൻ എന്നാണ് അർത്ഥം ിയാന്ന് പറഞ്ഞില്ലേ അഷ്ടമം പിള്ള എന്ന് വെച്ചാ എട്ടാമത്തെ കുട്ടിയെ കൃഷ്ണനാണേ കറുപ്പുസ്വാമി എന്നുവെച്ചാ കൃഷ്ണനാണ് കറുപ്പൻ അപ്പൊ കറുപ്പുസ്വാമി എന്നല്ല കൃഷ്ണനാമത്തിന് അർത്ഥം കൃഷ് ധാതു അതിനോട് നഗാരം ചെയ്ത് വ്യാകരണപ്രകാരം ഭട്ടതിരി പറയുന്നു ബ്രഹ്മവാചി ശബ്ദമാണ് അത് പറയുന്നു ്രഹ്മമാണ് എല്ലാത്തിനെയും ആകർഷിക്കുന്നു എല്ലാവരുടെ ഹൃദയത്തിലും ഇരുന്നു കൊണ്ട് മനസ്സിനെ ശുദ്ധമാവുന്ന മനസ്സിപ്പൊ മാഗ്നറ്റ് ഒരിടത്ത് വെച്ച് സൂചിയും വെച്ചു സൂചിയുടെ മേലെ കുറേ ചളിവാരി ഇട്ടാൽ സൂചിയെ മാഗ്നറ്റ് ആകർഷിക്കില്ല സൂചി ശുദ്ധമായാലോ കാന്തം വലിക്കും അതുപോലെ നമ്മളുടെ ഉള്ളിലൊരു കാന്തമുണ്ട് കൃഷ്ണൻ കൃഷ്ണൻ എന്നുവെച്ചാൽ കർഷണം ചെയ്യുന്നവൻ വലിക്കുന്നവൻ എന്നർത്ഥം അവന്റെ കാന്തം കാന്തശക്തി നമ്മളുടെ മനസ്സിനെ വലിക്കും ഗോപസ്ത്രീകളെ വലിച്ച പോലെ നമ്മളുടെ ചിത്തത്തിനെയും ആകർഷിക്കും എപ്പോ ഈ സൂചിയുടെ മേലെ ചളി പോയാൽ സൂചി ആകർഷിക്കപ്പെടുന്ന പോലെ ചിത്തത്തില് മലം നീങ്ങിയാൽ ചിത്തം ഹൃദയസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടും ഉള്ളിലിരുന്ന് വലിക്കുന്നവനാണ് കൃഷ്ണൻ സകല പേരെയും വലിക്കുന്നവൻ ഗോപികകളെ ആകർഷിക്കുന്നവനാണ് കൃഷ്ണൻ ഗോപികകൾ ആരാ ഇന്ദ്രിയങ്ങളും ഗോപികകളാണ് ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ പുറമേ നിന്ന് രൂപം കിട്ടുന്നു കണ്ണ് മനസ്സിൽ കൊണ്ടു കൊടുക്കുന്നു മനസ്സ് ബുദ്ധിയോട് ചോദിക്കുന്നു പിന്നീട് ഞാൻ എന്ന ഭാവം പൊന്തിയിട്ടാണ് ഞാൻ കാണുന്നു എന്ന് തോന്നണത് ചെവി കൊണ്ട് ഒരു ശബ്ദം കേൾക്കുമ്പോൾ ശബ്ദം ചെവി മനസ്സിന് കൊണ്ടു കൊടുക്കുന്നു മനസ്സ് ആ ശബ്ദത്തിനെ ഐഡന്റിഫൈ ചെയ്ത് ബുദ്ധിയോട് ചോദിക്കും അപ്പൊ ബുദ്ധി പറയണു ഇത് മണിനാഥമാണ് ആ മണിനാഥത്തിനെ ആര് കേൾക്കണു ഞാൻ കേൾക്കണു എല്ലാത്തിനെയും സകല ഇന്ദ്രിയങ്ങളിലൂടെയും വിഷയത്തിനെ അവസാനം കൊണ്ട് കൊടുക്കുന്നത് ആർക്കാ ആത്മാവനാണ് ആ ആത്മവസ്തു തന്നെ കൃഷ്ണൻ എല്ലാത്തിനെയും ആകർഷിക്കുന്നു ഉള്ളിലിരുന്നുകൊണ്ട് സകലത്തിനെയും തന്റെ കേന്ദ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നവൻ കൃഷ്ണൻ പിന്നെ വാസുദേവൻ വാസുദേവൻ എന്താ പ്രാഗയം വസുദേവ പണ്ടുരിക്കൽ ഇവൻ വസുദേവ പുത്രനായിരുന്നതുകൊണ്ട് വാസുദേവൻ വാസുദേവ ശബ്ദത്തിനുമാണല്ല അർത്ഥം ഇന്നലെ നമ്മൾ പറഞ്ഞു ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം അനന്തരം ത്വഹിർബ്രഹ്മസത്യം പ്രത്യപ്രശാന്തം ഭഗവത് ശബ്ദസത്യം യത് വാസുദേവം കവയോവതന്തി വിശുദ്ധമായ ജ്ഞാനസ്വരൂപമാണ് വാസുദേവൻ അതങ്ങനെ പറഞ്ഞില്ല ഇനിയും നാരായണൻ ഇവന് ശത്രുക്കൾ ഉണ്ടാവില്ലാന്ന് അരയോ അഭിഭവന്തി ഏതാൻ വിഷ്ണുപക്ഷാ നിവാസുരാഹ തസ്മാൻ നന്ദാത്മജോയം തേ നാരായണ സമോ ഗുണൈ ശത്രുക്കളിൽ നിന്നൊക്കെ നിങ്ങളൊക്കെ രക്ഷിക്കും അതുകൊണ്ട് നാരായണ സമനാണെന്നും നാരം എന്ന് വെച്ചാൽ തന്നെ ജ്ഞാനം എന്നർത്ഥം നരവിശിഷ്ടമായ ഭഗവത് സ്വരൂപത്തിൽ ജനിക്കുന്ന ജ്ഞാനമാകുന്ന ജലത്തിൽ ശയിക്കുന്നവനാണ് നാരായൺ നരഭൂജലായാത് അപ്പൊ നാരായണൻ എന്നുള്ളതിനും അങ്ങനെ അർത്ഥം പറഞ്ഞില്ല പരമാത്മാ എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നാലുപേരെ അറിഞ്ഞാലേ കംസന്റെ ചെവിയിലും എത്തും അതുകൊണ്ട് അത് അങ്ങനെയൊന്നും അർത്ഥം പറഞ്ഞില്ല അങ്ങനെ കുട്ടിക്ക് കൃഷ്ണൻ എന്ന് പേര് വെച്ചു വലിയ കുട്ടിക്ക് ബലരാമൻ എന്ന് പേര് വെച്ചു കൃഷ്ണ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചു തുടങ്ങി അതിനുശേഷം അങ്ങനെ ഗർഗപുരോഹിതന് അങ്ങനെ ഒരു ഭാഗ്യം ഭഗവാന് നാമകരണം ചെയ്യാനുള്ള ഭാഗ്യം കൃഷ്ണനാമം കൃഷ്ണൻ ജനിച്ചപ്പോൾ ഉള്ളു എന്ന് വെച്ചാൽ അങ്ങനെയല്ല വേദത്തിലേ ഉണ്ട് കൃഷ്ണനാമം ഭാഗവതത്തിൽ കൃഷ്ണൻ കൃഷ്ണാവതാരം എടുത്തപ്പോ മാത്രം ഉള്ളതല്ല ഉദ്ധൃത ശിവരാഹേണ കൃഷ്ണേന ശതബാഹുന മൃത്കെ ഹരവേ പാപൈന്മയാ ദുഷ്കൃതം കൃതം മൃത്കെ ബ്രഹ്മദത്തേനാഭിമന്ത്രിത അവിടെ മൃത്കാസൂക്തത്തില് ഉദ്ധൃദാസിവരാഹേണ കൃഷ്ണേന ശതബാഹുന സാക്ഷാത് പരമാത്മാവിന് വരാഹാവതാരമെടുത്തതും കൃഷ്ണനാണെന്ന് കൃഷ്ണൻ വരാഹാവതാരമെടുത്തു വന്നു അപ്പൊ പരമാത്മവാചിയാണ് ആ ശബ്ദം അപ്പൊ കൃഷ്ണശബ്ദം ആ കൃഷ്ണനാമം കൊണ്ട് നമ്മളും ഇനിമേൽ ഭഗവാനെ വീഴ്ച തുടങ്ങും മധുരാധിപത്തെ അഖിലം മധുരം അതും മധുരതരമായിട്ടുള്ളത് ഭഗവാന്റെ നാമം ആ കൃഷ്ണനാമം ഇവിടെ ഭഗവാന് കൊടുത്തു കുട്ടികൾ പതുക്കെ മുട്ടുകുത്തി നടക്കാൻ തുടങ്ങി എന്താ നോട്ടീസ് ഒന്ന് എടുത്തിട്ടാ യജ്ഞപ്രസാദം ഇരിക്കുന്ന ഭഗവാന് കൃഷ്ണനും ബലരാമനും മുട്ടുകുത്തി നടക്കാൻ തുടക്കിണുപ്രചാരൈമി ഒരു വീട്ടില് കുട്ടികളങ്ങനെ മുട്ടുകുത്തി നടക്കുമ്പോൾ ആ വീട്ടിന് തന്നെ ഒരു ശോഭ ഒരു പ്രകാശം സബലമുരാരേ മുരക്ക് ഇപ്പൊ ബലത്തിനെന്താ കുറവ് ബലത്തിനോടുകൂടി ഇപ്പ മുര എന്ന് വെച്ചാൽ സബലമുരാരേ ബലരാമസ്വാമിയോടുകൂടെ കണ്ണൻ പാണിജാനുപ്രചാരൈ ജാനുഭ്യം സഹപാണിഭ്യം ലിംഗമാണോ വിജഹ്രതു മുട്ടുങ്കുത്തി സഹപാണിഭ്യം കൈകുത്തി താവ് അനു കൃഷ്യ സരീസൃപന്തോഷപ്രഘോഷരുചിരം വ്രജകർദമേഷു തന്നാദഹൃഷ്ടമനസാവനുസൃത്യലോകം മുഗ്ധപ്രഭീതവതുപേയതു അതിമത്രൂ സരീസൃപന്തരീസൃപുതകൾ എന്ന് വെച്ചാൽ പാമ്പ് ഇതൊക്കെ എഴിഞ്ഞു നടക്കണ ജീവികളാണ് കുട്ടികൾ ആദ്യമൊക്കെ അങ്ങനെയാ അല്ലേ എഴിഞ്ഞു നടക്കുക പിന്നെ പതുക്കെ മുട്ടുകുത്തും താമ്രിയുഗ്മു കൃഷ്യ സരീശ്രപന്തോഷപ്രഘോഷരുചിരം ആ വ്രജഭൂമിയിലൊക്കെ പശുക്കളെ കിട്ടിയിട്ടിരിക്കുന്ന സ്ഥാനത്തും മറ്റുമൊക്കെയായിട്ട് വ്രജകർദമേഷു ചളിയിലൊക്കെ മഴ പെയ്തിട്ടും മണ്ണും കൂടി കുഴഞ്ഞു കിടക്കുക അതിലുമൊക്കെ ചെന്ന് നടക്കാം മുട്ടുകുത്തി എഴുഞ്ഞുപോവാ നേരത്തൊക്കെ ആ ചളിയാവുന്നു ഇടയ്ക്കിടയ്ക്ക് ഉറക്കച്ചിരിക്കും അപ്പൊ തന്നോദൃഷ്ടമനസൗ ആ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ യശോദയ്ക്ക് ആനന്ദം കിലകിലേ കിലകിലേ തി ശ്രുദ്ദം ശ്രുത് സന്തുഷ്ടമാനസാം കുട്ടികളുടെ ഈ ശബ്ദത്തിനെയാണ് പറഞ്ഞത് കിലകിലേ തി കിലകില കില കലകലാതും ശബ്ദം ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോ ഒരു സന്തോഷം ഒരു അമ്മയ്ക്ക് അത് മധുരം മധുരമായിട്ട് ആ ശബ്ദം തോന്നുന്നു സന്തുഷ്ടമാനസം മുഗ്ധപ്രബീതവതുപേയതൂ അമ്മമാരൊക്കെ പുറകെ ഇങ്ങനെ നടക്കുന്നു ഈ കാണിക്കുന്ന വികൃതികളൊക്കെ കണ്ട് സന്തോഷിച്ച് ഒരു സ്റ്റേജ് വേറെ വികൃതികളൊക്കെ സഹിക്കാം അല്ലെ തന്മാതരൂ നിജസുതൌ ഗിണയാസ്നുവന്യ പങ്കാംഗരാഗരുചിരാപഗുഹ്യ ദോർഭ്യം ദലം പ്രവിപതോസ്മ മുഖം നിരീക്ഷ്യ മുഗ്ധസ്മിതാൽപദശനം യയദുഷ്പ്രമോദം കുട്ടികളെ ഓടിച്ചെന്ന് വാരിയെടുത്ത് പാല് കുടിക്കാൻ കൊടുക്കുന്നു പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കുടി നിർത്തി അമ്മയെ നോക്കി വായു തുറന്ന് ഇങ്ങനെ ചിരിക്കും അത്രേ ചിരിക്കുമ്പോ രണ്ടു മുല്ലമൊട്ടുപോലെയുള്ള പല്ലുകൾ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അത് കാണുമ്പോ അങ്ങനെ യശോദയ്ക്ക് പരമാനന്ദപ്രാപ്തിയാണ് പങ്കാങ്കരാഗ രുചിരാപഗുഹ്യ മേലെയൊക്കെ ചളി അതൊക്കെ അംഗരാഗം എന്നാണ് നല്ല കളിമണ്ണാണെങ്കിൽ അങ്കരാഗം തന്നെയാണ് ശരീരത്തിന് വളരെ നല്ലതാണ് കുളിക്കുന്നതിന് മുമ്പ് കളിമണ്ണൊക്കെ തേച്ച് കുളിക്കാന്നൊരു സമ്പ്രദായമുണ്ട് മൃത്തികാസൂക്തം തന്നെ അതിനു വേണ്ടിയിട്ടാണ് മൃത്തികയെടുത്ത് മണ്ണെടുത്ത് മേത്തൊക്കെ തേച്ചിട്ട് ആ മന്ത്രം ചൊല്ലും ആ സൂക്തം ചൊല്ലിയിട്ട് കുളിക്കും മൃത്തികേ ഹരമേന്മുഷ്കൃതം കൃതം എന്തൊക്കെ ഞാൻ ദുഷ്കൃതം ചെയ്തിട്ടുണ്ടോ അതൊക്കെ പോട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് മൃത്തികയെ മേലെയൊക്കെ തേച്ച് ശരീരത്തിലൊക്കെ തേക്കുന്നു അപ്പോ ഇവിടെ കുട്ടികളുടെ മേലൊക്കെ അംഗരാഗം അംഗരാഗം എന്റെ കളിവണ്ണും ആ അംഗരാഗത്തോട് കൂടിയ ശരീരത്തിന് ആലിംഗനം ചെയ്യുമ്പോൾ ഒരു സന്തോഷം അമ്മ പുതിയതായിട്ട് രാവിലെ ഉടുത്ത സാരിയൊക്കെ ചളിയായി കുട്ടി പാല് കുടിക്കുന്നു കുട്ടികളെങ്ങനെ പാല് കുടിച്ച് ഇടയ്ക്ക് എങ്ങനെ നോക്കി അമ്മയെ ഒന്ന് നോക്കി ചിരിച്ചാൽ ഒരു സന്തോഷം കുട്ടിക്ക് നടവണ്ടി വാങ്ങിച്ചു കൊടുക്കും അല്ലേ കുട്ടി നടക്കാൻ പഠിക്കാനായിട്ട് മൂന്ന് കാലുള്ള വണ്ടി ചക്രം വെച്ച വണ്ടി പിടിച്ചു നടക്കാൻ ഇപ്പൊ കണ്ണന് നടവണ്ടി എന്താ എന്ന് വെച്ചാൽ ഒരു കിടാവ് കൃഷ്ണന്റെ അടുത്ത് വന്നു നിന്നു ആ കണ്ണുകുട്ടി അടക്കോടക്കോ കണ്ണുകുട്ടി എന്ന് പറയാം കന്നുകുട്ടി മുമ്പിൽ വന്ന് നിന്നാൽ അതിന്റെ വാല് പിടിച്ച് എഴുന്നേറ്റതക്കും എന്നിട്ട് ആ കിടാവ് പതുക്കെ നടക്കും അത്രയും നടക്കുമ്പോ നടക്കാൻ പഠിപ്പിക്കുന്നത് നടവണ്ടി എന്താ പശുക്കിടാവാണ് അപ്പോൾ ഈ പശു കിടാവ് കൃഷ്ണന്റെ കൂടെ കൂട്ടുകൂടി മുമ്പിൽ വന്ന് നിന്നുകൊടുക്കും നിന്നുകൊടുത്ത് കിടാവിന്റെ വാല് പിടിച്ച് പതുക്കെ നടന്ന് വേപ്പെട്ട് നോക്കുമ്പോണ്ട് പഞ്ചകവ്യത്തിൽ രണ്ട് ഗവ്യം മേലെ വീഴും പഞ്ചകവ്യത്തില് പശുവിന്റെ വാക മുഖ്യമായ ഗവ്യം അഭിഷേകമാണ് അത്രയോ ഉയരുള്ളൂ അത് തലയിലേക്ക് അങ്ങനെ വർഷിക്കും വർഷിക്കുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ നടക്കാനായിട്ട് പഠിപ്പിക്കുന്നതാരാ അന്ത പ്രഗൃഹീതൃഷ്യമാണോ വത്സങ്ങള് കന്നുകുട്ടികള് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചഴിക്കുന്നത് കണ്ട് പ്രേക്ഷന്യകുജിതഗൃഹ ജയ അങ്ങനെ ചിരിച്ച് സന്തോഷമായിട്ടിരിക്കാം കുട്ടികളുടെ കുറുമ്പ് അമിതമാവും നോക്കുന്നതാണ് ചിലപ്പോഴൊക്കെ ശൃംഗി അഗ്നി ദംസ് ചിലപ്പോ കത്തി എടുക്കും ചെലപ്പോ പച്ചക്കറി നുറുക്കിട്ട് വെച്ചാൽ കത്തി എടുക്ക പശുവിന്റെ കൊമ്പ് കൊമ്പ് കണ്ടാൽ കൊമ്പിൽ പോയി പിടിക്കുക ചിലപ്പോ കൊമ്പിന്റെ ഉള്ളിൽ തലയിട്ട് നോക്കണം തോന്നല്ലേ ഒരാള് ചെയ്ത പോലെ നമ്മുടെ കഥയുണ്ടല്ലോ ഒരു നമ്പൂരി കൊറേ ദിവസമായി പശുവിനെ നോക്കിക്കൊണ്ടിരുന്നു പശുവിന് മേപ്പെട്ട പൊന്തിയ ഒരു ദിവസം തല അതിനകത്ത് ഇട്ടു പശുവിട്ടു കൊടയിണൂത്തോ ശരീരം എടുക്കാൻ വയ്യ ആളുകളൊക്കെ കൂടെ വന്ന് അവസാനം പിടിച്ചു വലിച്ചു മാറ്റി തിരുവേനി ഇങ്ങനെ ആലോചിക്കാതെ ഓരോ കാര്യം ചെയ്തതോ ഏയ് നാം ആലോചിക്കാൻ തുടങ്ങി മാസം ആറായി ണോ ആറു മാസമായി ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങി ഇപ്പഴാ തലയിട്ടതെന്നാണ് ഇത്ര കാലം ആലോചിച്ചു ഇപ്പഴാ തലയിട്ട് നോക്കിയത് അപ്പൊ അതുപോലെ കൊമ്പിന്റെ ഇടയിലൊക്കെ ചിലപ്പോ കയ്യോ കാലോ തലയൊക്കെ ഇട്ടേ അസി ദ്വിജ പക്ഷികളെ പിടിക്കാം മുള്ള മുള്ളില് ചെന്ന് കാലുവെക്കാം ശൃംഗി അഗ്നി അഗ്നി തൊടുക അസി ദ്വിജ കണ്ടകേ ചില പക്ഷി മൃഗങ്ങൾ പൂച്ചയൊക്കെ പിടിച്ച് പൂച്ചയുടെ വായിൽ എത്ര പല്ലുണ്ട് നോക്കുക ദംസ്ത്രീ വായു തുറന്ന് പല്ലെണ്ണി നോക്കുക ക്രീഡാപരാമതി ബലവും സ്വസുതവും നിഷിദ്ധും ഇവരെ ശ്രദ്ധിക്കുകയോ അടുക്കളപ്പനി ചെയ്യോ എല്ലാ അമ്മമാർക്കും ഉള്ള ഒരു വേവലാതിയാണ് ഒരു സന്തോഷവുമാണ് പക്ഷേ ഇവിടെ പരീക്ഷത്തിനെ ഇടകിടയ്ക്ക് സുഖബ്രഹ്മ മഹർഷി ഓർമ്മിപ്പിക്കുന്നുണ്ട് കഥ പറയുമ്പോത്തമാഹാത്മ്യ വിസ്മൃതി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ ഇത്തം സദാം ബ്രഹ്മസുഖാനുഭൂത്യാ ദാസ്യം ഗതാണാം പരദൈവതേന് എന്ന് സുഖാചാര്യർ പറയാൻ മറക്കില്ല ഇതൊക്കെ കുട്ടികളുടെ കഥയൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത് വെറും വാത്സല്യം മാത്രമല്ല വാത്സല്യ ഭക്തിയാണ് എന്താന്ന് വെച്ചാൽ ഭഗവാൻ കാണിക്കുന്ന കളിയിലൊക്കെ കുട്ടികളുടെ കളിയിൽ സാധാരണ കാണുന്ന രസവും ഒക്കെ ഉള്ളതോടൊപ്പം ആ രസത്തിനോടുകൂടെ ബ്രഹ്മരസം ഒഴുകിവരുന്നു ബ്രഹ്മാനുഭവവും ഒഴുകിവരുന്നു നമുക്ക് ജ്ഞാനികളെ കാണുമ്പോ തന്നെ സാധാരണ മനുഷ്യരെ പോലെ ഉള്ളപ്പോൾ തന്നെ അവരുടെ സന്നിധി ചെല്ലുമ്പോൾ ഒരു പരമാനന്ദമുണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു ഭഗവാന്റെ കളിയുമൊക്കെ കാണുമ്പോ ആ ശാന്തി ആ ആനന്ദം അത് ബ്രഹ്മാനുഭവമാണ് എന്ന് മറന്നു കളയരുതാണ് മറന്നു കളഞ്ഞാലോ സാധാരണ കഥയായിട്ടെത്തി സാധാരണ കുട്ടികളുടെ കഥയായിട്ടെത്തി അപ്പോൾ ഇത് ഭഗവാനാണ് കളിക്കണത് ഇത് ഭഗവാന്റെ കളിയാണ് ഭഗവാന്റെ കിരീടയാണ് ഭഗവാന്റെ ലീലയാണ് ഭഗവാന്റെ ലീലയാണെന്ന് ഓർത്ത് ഓർത്ത് ഓർത്ത് നമ്മളുടെ വീട്ടിൽ പേരെ കുട്ടികൾ ഭഗവാൻ കളിക്കണ പോലെ തോന്നിയാൽ മതി നമ്മൾ രക്ഷപ്പെട്ടു അതിനാണ് ഈ കഥ പറയണതുവേ അതിലും ഈശ്വരത്വം കണ്ടു തുടങ്ങാനായിട്ടാ അതിനാണ് നിർഗുണനിരാകാരമായ ബ്രഹ്മം സാഗാരൂപം ധരിച്ച് കുറച്ചു കുട്ടിയായിട്ടും കുറച്ചുകാലം എന്താ മാധുര്യഭാവത്തോടു കൂടെ ശൃംഗാര രാസലോലനായിട്ടും കുറച്ചുകാലം യുദ്ധകേസരി ധീരനായിട്ടും യുദ്ധമായിട്ടും അച്ഛനായിട്ടും പല പാർട്ടും ഭഗവാൻ നടിച്ച് കാണിച്ചത് എന്തിനാന്ന് വെച്ചാൽ ബ്രഹ്മം തന്നെയാണ് ഇവിടെ എല്ലാ പാർട്ടും നടിക്കുന്നതെന്ന് നമ്മളെ ബോധിപ്പിക്കാനാണ് ബ്രഹ്മം തന്നെയാണ് ഇവിടെ സ്ത്രീയായിട്ടും പുരുഷനായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും അനേക വികാരങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടും അനുഭവങ്ങളായിട്ടും പിരിഞ്ഞ് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നതൊക്കെ ഈ ബ്രഹ്മത്തിനെ തന്നെയാണ് അനുഭവിക്കണത് അനുഭവിക്കുന്നത് എന്നുള്ള സർവം ഖലു ബ്രഹ്മ എന്ന മഹാവാക്യത്തിന്റെ അർത്ഥം ബോധിപ്പിക്കാനായിട്ടുള്ള ഒരു യൌഗിക പദ്ധതി മിസ്റ്റിക്കൽ പ്രോസസ്സാണ് ഈ പുരാണ കഥാകഥനം ഭഗവാന്റെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ഭഗവാന്റെ ലീലകളാണെന്ന് കാണുമ്പോൾ നമ്മളുടെ ജീവിതം തന്നെ ഭഗവത് ലീലയായിട്ട് തീരും ജീവിതത്തിലുള്ള ചര്യകളൊക്കെ തന്നെ ഭഗവൻ മയമായിട്ട് തീരണം ഇതൊക്കെ നമ്മൾ സാധാരണ പ്രാകൃതമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും കൃഷ്ണൻ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുമ്പോൾ കൃഷ്ണഭാവം ഉള്ളിലുണ്ടാകും അപ്പൊ കൃഷ്ണഭാവം ഉള്ളിൽ കൊച്ചുകുട്ടികളെ കാണുമ്പോ എന്റെ കുട്ടിയെന്ന് തോന്നുന്ന സ്ഥലത്ത് കണ്ണൻ എന്ന് തോന്നും കൃഷ്ണൻ എന്ന് തോന്നും അങ്ങനെ കൃഷ്ണഭാവം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ ദിവ്യലീലകളെയൊക്കെ ശ്രീ സുഖബ്രഹ്മഹാസി വർണ്ണിക്കുന്നത് നാളെ നമ്മൾ ഇത് തുടർന്ന് കാണാം സർവത്ര ഗോവിന്ദനാമസങ്ക അനിർവചനീയമായ പ്രേമസ്വരൂപമായിട്ട് ഭക്തി ആവിർഭവിക്കുന്നു അത്യുത്തമമായ ഭക്തിക്ക് യാതൊരുവിധ കാരണവും ഫലേച്ഛയും കൂടാതെ പ്രകാശിക്കും അത്യുത്തമമായ ഭക്തി മദ്ഗുണശ്രുതിമാത്രേണ മയി സർവഗുഹാശയേ മനോഗതി അവി ഗംഗാസ അമ്പുധൗ ലക്ഷണം ഭക്തിയോഗർഗുണസ് ഹ്യുദാഹൃതം കപില ഉപാഖ്യാന കലഭവാൻ ഭക്തിയെ വ്യാഖ്യാനാണ് मदगुणश्रुति भगवदुण भगवत्स्वरूप भगवद अहृति अवरुद्यते अगवदुव मई सर्वगुहाश अड़ അറിയപ്പെടുന്ന വസ്തുവിനെ കുറിച്ച് മാത്രമേ അനുഭവം ഏർപ്പെടുകയുള്ളൂ അപ്പോ ഈശ്വരൻ എല്ലാവർക്കും അറിയപ്പെട്ട വസ്തു ആണോ എന്ന് വെച്ചാൽ എല്ലാവർക്കും സിദ്ധമായ വസ്തു സർവഗുഹാശയെ എന്നാണ് എല്ലാവരുടെയും ഹൃദയഗുഹയില് ഭഗവാൻ അന്തരാത്മാവായി നമ്മളുടെ തന്നെ സ്വരൂപമായി പ്രകാശിക്കുന്നു മൈ സർവഗുഹാശയെ മനോഗതി അവിഛിന്നാണ് വിഛിത്തിയില്ലാതെ അൺഇന്റപ്റ്റഡ് ഫ്ലോ ചിത്തവൃത്തി അനുസ്യൂതം ഭഗവാന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു ഭഗവാനെ വിട്ടു മനസ്സ് പിരിയാതെ ഭഗവത് സ്മരണവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും മറക്കണം എന്ന് വിചാരിച്ചാൽ പോലും സാധിക്കാത്ത വിധത്തില് ഒരു പ്രിയം പ്രേമം ഇതിനെ ഭക്തി എന്ന് സുഖബ്രഹ്മ മഹർഷി ഭക്തിയെ വ്യാഖ്യാനിച്ചു इतय प्रियंविर्भविक लक्षण कंत सूर्यन उद्भ प्रकाश हृदय आविर्भविकंदुम अदवदी पन्ायू अद्वेष्टा सर्वभूता मैत्रे व निर्मो निरहंकार समदुखसुखक्षमी संत യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോ മത്ഭക്തസമേ പ്രിയ അദ്വേഷ്ട ആദ്യത്തെ ലക്ഷണമെന്താ ഹൃദയത്തിൽ പ്രിയം ഉദിച്ചാൽ പ്രേമം ഉദിച്ചാൽ ഭഗവാനോട് പ്രേമുദിച്ചാൽ കളങ്കമറ്റ പ്രിയം ലൗകികമായ ആസക്തികൾ നിശ്ശേഷം പോയാലേ ഭഗവത് പ്രേമം ഹൃദയത്തിൽ ഉദിക്കേ ഭഗവാനോട് പ്രിയം ഉദിച്ചാൽ ഭക്തി ഉദിച്ചാല് ഒരാളെയും വെറുക്കാൻ സാധ്യല്ലാന്ന് അദ്വേഷ്ട സർവഭൂതാനാം ദ്വേഷം എന്നുള്ളത് പിന്നീട് ആ ഹൃദയത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല അദ്വേഷ്ട സർവഭൂതാനാം ഒരാളെയും വെറുക്കാൻ പറ്റില്ല വെറുക്കണം എന്ന് വിചാരിച്ചാല് സാധിക്കില്ല ഭക്തന്മാരൊക്കെ ഇതിന് ഉദാഹരണമാണ് അവരെ എത്ര ദ്രോഹിച്ചവരെയും അവർക്ക് തിരിച്ച് വെറുക്കാൻ സാധ്യമല്ല അവരതെങ്ങോട് വിട്ടുപോയിരിക്കുന്നു भक्तन्दूर आरे वेद वेरुप्त विद्वेश अवे भक्ति पूर्ण आई एर्थम कक्तन जगत मुगवाना अरे वेरुक पटो यदि भगवाने वस्तु सदस्य सत्यन अने सर्वे यांुनाश उपद्रवा നാരായണ കവചത്തിൽ പറയുന്നു ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമാണ് അപ്പോ ഇത് അറിയുമ്പോൾ ഉള്ളിലുള്ള ഉപദ്രവം ഉപദ്രവം എന്താ ഈ വിഷയവാസനകളൊക്കെ വിട്ടുപോകുന്നു ഒരാളെയും വെറുക്കാൻ ഇനി മേനാൽ സാധ്യമല്ല വിചാരിച്ചാൽ സാധ്യമല്ല സാധുക്കളൊക്കെ ഇതിനെ അവരുടെ ജീവിതം കൊണ്ട് ഇത് തെളിയിച്ചിരിക്കുന്നു ഏകനാഥസ്വാമികൾ ഞാൻ ആ കഥ ഇതിനു പറഞ്ഞിട്ടുണ്ട് പലവട്ടം ഇവിടെ അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും ദേഷ്യപ്പെടുത്തണമെന്ന് ശ്രമിച്ചവർ ഒരുപാട് പേരുണ്ട് അദ്ദേഹം ഒരു ദിവസം കുളിച്ചു വരുമ്പോൾ ഒരാളെ ഇതിനെ ഏർപ്പാടാക്കി നിർത്തി കുറെ ആളുകൾ സാധുക്കളെ ഉപദ്രവിക്കാനായിട്ടും എപ്പോഴും കുറെ ആളുകൾ ഉണ്ടാവും അതും ഭഗവാൻ തന്നെ വയ്ക്കുന്നതാണ് ഏകനാഥസ്വാമി തന്നെ ഒരു അപംഗത്തിൽ പറയുന്നു നമ്മളെ ഉപദ്രവിക്കുന്നവരാണ് നമ്മൾ കേറ്റുമധികം ഉപകാരം ചെയ്യുന്നവർ നമ്മളെ ഉപദ്രവിക്കുന്നവരാണ് മഹാത്മാക്കൾ ഈ ലോകത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും മറ്റുള്ളവരെ കുറിച്ച് അപവാദം പരത്തുകയും വേണ്ടാത്തരം പറഞ്ഞ് നടക്കുകയും പോലെ ചെയ്യുന്നവരെ പോലെ പരോപകാരം ചെയ്യുന്നവരാരും ഇല്ല എന്നാണ് അവര് മഹാപരോപകാരികളാണ് കാരണം അവർക്ക് എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ അവരവരെക്കുറിച്ച് ചിന്തിക്കുകയേ ഇല്ല അവർ തന്നെയാണ് ഏറ്റവും വലിയ തീർത്ഥ എന്നാണ് ഹരിദ്വാരും ഗംഗയും ഒക്കെ അവരാണ് എന്താന്ന് വെച്ചാൽ അവരുടെ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അവർ നമ്മളുടെ പ്രാരബ്ധ കർമ്മത്തിനെയൊക്കെ എടുത്തു കളയും നമ്മളെ നിന്ദിച്ചിട്ടും ചീത്ത വിളിച്ചിട്ടും നമ്മളെ പല ഉപദ്രവിച്ചിട്ടും നമ്മളുടെ പ്രാരബ്ധകർമ്മവും നമ്മളുടെ വാസനയും നമ്മളുടെ ഉള്ളിലുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ അവർ നിന്ദിച്ചെടുത്തു അതുകൊണ്ട് കബീർ ഒരു പാട്ടിൽ പറയുന്നുണ്ട് നിന്ദിക്കുന്നവരെ പണം കൊടുത്തെങ്കിലും കൂടെ വെക്കണം എന്നാണ് അങ്ങനെ ഒരാൾ നമ്മളുടെ കൂടെ വേണം അപ്പോ അവരെ വെറുക്കുക എന്നുള്ളത് സാധ്യമല്ല ഏകനാഥസ്വാമിയെ എങ്ങനെയെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം കുളിച്ചു വരുമ്പോ ഒരാള് വായി നിറച്ച് വെറ്റലിട്ട് സ്വാമികളുടെ മുഖത്ത് തുപ്പി ഉടനെ സ്വാമികൾ വീണ്ടും പോയി കുളിച്ചിട്ട് വന്നു വീണ്ടും തുപ്പി വീണ്ടും പോയി കുളിച്ചിട്ട് വന്നു ഇങ്ങനെ ഇരുപത്തിയേഴ് പ്രാവശ്യമോ മറ്റോ തുപ്പി എത്ര പ്രാവശ്യം സ്വാമികൾ കുളിച്ചിട്ട് വന്നു അവസാനം ഇദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായി സ്വാമികളെ നമസ്കരിച്ചു കൊണ്ട് ക്ഷമായാചനം ചെയ്തു എന്നിട്ട് സ്വാമിയോട് ചോദിച്ചു അത്ര ഞാൻ ഇത്രയധികം അങ്ങേ ദ്രോഹിച്ചു ഇത്രയും ഉപദ്രവിച്ചിട്ടും അങ്ങേക്ക് ദേഷ്യം വരാതിരിക്കാൻ കാരണം എന്താ സ്വാമികൾ പറഞ്ഞ ഉത്തരം നീ തുപ്പിയ ചളി ആ തുപ്പല് ഞാൻ ഗോദാവരിയിൽ പോയി കുളിച്ചാ പോകും പക്ഷെ തന്നോട് ഞാൻ തന്നെ വെറുത്താൽ എന്റെ ഉള്ളിലുണ്ടാവുന്ന വെറുപ്പ് എന്ന് പറയുന്ന ചളി ഞാൻ എവിടെ പോയി കുളിച്ചിട്ട് കളയും എത്ര പ്രാവശ്യം ഗോദാവരിയിൽ പോയി മുങ്ങിയാലും ആ ചളി പോവില്ല അത് തനിക്കൊന്നും ബാധിക്കില്ല എന്നെ തന്നെ ബാധിക്കും അപ്പൊ ഒരുവിധത്തിൽ പറഞ്ഞാൽ അവനവന്റെ ഹിതം ചിന്തിച്ചാലും ഒരാളെയും വെറുക്കാൻ സാധ്യമല്ല അപ്പോ അദ്വേഷ്ട സർവഭൂതാനം മൈത്രഹ മൈത്രിഭാവം മൈത്രഹ ശ്രീരാമൻ രാവണൻ തന്നെയാണെങ്കിലും ഞാൻ ഇനി അങ്ങയുടെ മിത്രമാണെന്ന് പറഞ്ഞു വരികയാണെങ്കിൽ സ്വീകരിച്ചോളൂ എന്നാണ് മിത്രഭാവേന സമ്പ്രാപ്തം ന്യജേയം കഥഞ്ചന അദ്വേഷ്ടാ സർവഭൂതം മൈത്രകരുണയേവച്ച കാരുണ്യം കൃപ നിർമ്മമോ നിരഹങ്കാര മമതയില്ല എന്റെ എന്നുള്ള വിചാരവും ഇല്ല ഞാൻ എന്നുള്ള അഹങ്കാരവും ഉദിക്കണില്ല സമദുഖസുഖമി സുഖം വരികയാണെങ്കിലും ദുഃഖം വരികയാണെങ്കിലും രണ്ടിലും സമഭാവം സന്തുഷ്ട സതതം യോഗി എപ്പോഴും സന്തോഷമാണ് സന്തോഷത്തിന് കാരണമെന്താ അവരുടെ ഹൃദയത്തിൽ ആനന്ദസ്വരൂപനായ ഭഗവാൻ കളിക്കുമ്പോ സന്തോഷിക്കാതെ പിന്നെ എന്ത് ചെയ്യും നിത്യോത്സവം ഭവത്യേഷാം നിത്യശ്രീ നിത്യമംഗളം യം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതോ ഹരിഹ നിത്യോത്സവം ഭവതി എന്നാണ് എപ്പോഴും അവർക്ക് ദിവസോത്സവമാണത്ര അതുകൊണ്ട് സാധുക്കൾക്ക് ഭഗവത് ഭക്തന്മാർക്ക് ഒരു ദീപാവലിയോ ഒരു വിഷുവോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഉത്സവ ദിവസമൊന്നുമില്ല അവർക്ക് ദിവസവും ഉത്സവമാണ് നിത്യോത്സവം ഭവതി നിത്യശ്രീഹി നിത്യമംഗളം നിത്യവും അവർക്ക് ഐശ്വര്യമാണ് മംഗളമാണ് ഏഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായത്തനോ ഹരിഹി സകല ആനന്ദത്തിന്റെയും ഉറവിടം ആത്മാവാണ് ആനന്ദം പുറത്തുനിന്നൊക്കെ കിട്ടുന്ന പോലെ തോന്നിയാലും ആനന്ദം നമ്മളിലാണോ ഉള്ളത് ആ ആനന്ദം അനാവരണം ചെയ്യപ്പെടണം അത്രയേ ഉള്ളൂ ഇപ്പോ അല്പമൊന്നും മറഞ്ഞ് കിടക്കുക ആവരണം മറഞ്ഞു കിടക്ക ആ കവറിങ് ആവരണം ഒന്ന് നീക്കിയാൽ ആനന്ദം നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ പ്രകാശിക്കുന്നു പുറത്തുനിന്ന് ഇപ്പൊ കിട്ടുന്നു തോന്നുന്നു ആനന്ദവും ഉള്ളിൽ നിന്ന് തന്നെ ഒരു നായിക്ക് ഒരു എല്ലിന്റെ കഷ്ടം കിട്ടി ആ നായ എല്ല് അമർത്തി കടിച്ചു കടിച്ചപ്പോൾ അതിന്റെ നാവ് പൊട്ടിയിട്ട് രക്തം വന്നു അപ്പൊ ഈ നായ ഈ എല്ലിന്റെ കഷ്ണത്തു രക്തം വരണത് എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും എല്ല് കടിച്ചുന്ന് ഇതുപോലെ ഉള്ളിൽ നിന്ന് ആനന്ദം വരുന്നു പുറത്തുള്ള വസ്തുക്കളിൽ നിന്ന് ആനന്ദം കിട്ടുന്നതായിട്ട് ഒരു ഭ്രമം സകല ആനന്ദത്തിന്റെയും ഉറവിടം ആത്മാവാണ് പക്ഷെ പുറം വിഷയങ്ങളിൽ ആനന്ദമുണ്ട് എന്നൊരു ഭ്രമം നമുക്കുണ്ടാവും അതും ആ ആത്മാവിന്റെ ഒരു റിഫ്ലക്ഷൻ ഒരു പ്രതിബിംബം പുറം വസ്തുക്കളിൽ തോന്നുന്നത് കൊണ്ടാണ് പുറം വസ്തുക്കളിലും ആനന്ദമുള്ളതായിട്ട് തോന്നണത് ഒരു വസ്തുവിനെ ഒരു പായസം കുടിക്കുമ്പോൾ നല്ല സുഖമുണ്ട് വിശന്നിട്ട് ഊണ് കഴിക്കുമ്പോൾ സുഖമുണ്ട് പക്ഷെ ആ സുഖം എവിടെ ഊണിലാണോ ആ പായസം എടുത്തിട്ട് ഒരു തൂണില് തേച്ചാൽ തൂണിന് സുഖിക്കുവോ രുചി എവിടെ ഉണ്ടായി നാവിലാണോ ഉണ്ടായത് എന്നാൽ നാവിനെ മുറിച്ചിട്ട് ആ പായസപാത്രത്തിൽ മുക്കിയാൽ അത് രുചിക്കുവോ നാവ് ശരീരത്തോട് ചേർന്നിരിക്കുമ്പോൾ രുചിക്കുന്നു അതും എപ്പോ രുചിക്കും അതിനകത്ത് ജീവൻ ഉണ്ടെങ്കി രുചിക്കുന്നു യഥാർത്ഥത്തിൽ രുചി എവിടെ നിന്നും ജീവനിൽ നിന്നും വന്നു ജീവനാണ് നാവിലൂടെ രുചിക്കുന്നത് ജീവനാണ് കണ്ണിലൂടെ കാണുന്നത് ജീവനാണ് ചെവിയിലൂടെ കേൾക്കുന്നത് ജീവനാണ് മൂക്കിലൂടെ മണക്കുന്നത് അല്പം ഒന്ന് ചിന്തിച്ചു നോക്കാ ഉപനിഷത്തില് യമൻ നചികേതസ്സിനോട് പറയണു കുഞ്ഞേം ആത്മാവിനെ കുറിച്ച് നീ ചോദിച്ചുവല്ലോ നചികേദസ് ചോദിച്ചു യമനോട് മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ജീവി വീണ്ടും ആളുണ്ടാവോ അല്ല അതോടെ കഴിഞ്ഞുവോ അപ്പൊ യമൻ പതുക്കെ നചികേതസ്സിന് തത്വോപദേശം ചെയ്യാൻ അപ്പൊ പറയുന്നു ഈ ശരീരത്തിനകത്ത് ഇരുന്നു കൊണ്ട് ആരാണ് കണ്ണിലൂടെ കാണുന്നത് ആരാണ് ചെവിയിലൂടെ കേൾക്കണത് ആരാണ് മൂക്കിലൂടെ മണക്കുന്നത് ആരാണ് നാവിലൂടെ രുചിക്കണത് ആരാണ് ത്വക്കിലൂടെ സ്പർശിക്കണത് ഏന് രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻശ് മൈഥുനാൻ ഏതേനൈവ വിജാനീ കിമത്ര പരിശിഷ്യത്തെ ഏതദ്വൈ തത് നീ ചോദിച്ച ആ വസ്തു ഇത് തന്നെ ശരീരത്തിനകത്ത് ഇരുന്നു കൊണ്ട് കണ്ണിലൂടെ രൂപം കാണുന്നു ചെവിയിലൂടെ ശബ്ദം കേൾക്കുന്നു മൂക്കിലൂടെ മണക്കുന്നു നാവിലൂടെ രുചിക്കുന്നു ത്വക്കിലൂടെ സ്പർശിക്കുന്നു ഈ ഇന്ദ്രിയവ്യാപാരമൊക്കെ നിർത്തിയാൽ മനോമാത്രവ്യാപാരം സ്വപ്നത്തിന് അനേകരൂപങ്ങൾ ഉണ്ടാക്കി മുമ്പിൽ പൊന്തിച്ചുകൊണ്ടുവന്ന് കാണുകയും ചെയ്യുന്നു യുപ്തേഷു ജാഗർ കാമം കാമം പുരുഷോ നിർമിമാണ തദേവ ശുക്രം തദ് തദമൃതമുച്ച തസ്മലോകാശ്രിതേ തതു കർഷന ഏതദ്വൈ തത് ഉറങ്ങുമ്പോൾ ഉണർന്നിരുന്നു കൊണ്ട് ആരാണോ അനേക രൂപങ്ങളെ പൊന്തിച്ചുകൊണ്ടുവന്ന് കാണുന്നത് ആ അന്തരാത്മാവിനെ കണ്ടുപിടിക്കുന്നു ആ വസ്തു ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നു അതിനെ കണ്ടെത്തൂ എന്നാണ് അതാണ് ഭഗവാന്റെ സ്വരൂപം സത്യം പരം ധീമ എന്ന് ഭാഗവതം ആരംഭിക്കുന്നുവല്ലോ പരമസത്യത്തിനെ ധ്യാനിക്കുന്നു പരമസത്യത്തിനെ എവിടെ ധ്യാനിക്കും നമ്മളുടെ ഹൃദയത്തിൽ തന്നെ ബോധവസ്തുവായി സർവസാക്ഷിയായി കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിട്ട് ഉള്ളിലെ ശുദ്ധപ്രജ്ഞയെ സ്വരൂപമായി അത് പ്രകാശിക്കണമുണ്ട് ആ പ്രകാശത്തിനെ സ്വപ്രകാശ ചൈതന്യത്തിനെ അറിയാനുള്ള വഴി എന്താണ് ആ വസ്തുവിനെ കണ്ടെത്താൻ എന്താണ് വഴി ആ വസ്തുവിനെക്കുറിച്ച് കേൾക്കണം ആ വസ്തുവിനെ കേട്ടാ തന്നെ കാര്യം നടന്നു പോകും എന്നാണ് ഭാഗവത സിദ്ധാന്തം ശുശ്രൂഷി സദ്യോഹൃത്തെ കേൾക്കുമ്പോ തന്നെ ഭഗവാൻ ഹൃദയത്തിൽ പ്രവേശിക്കും അതിനെ വേദാന്തികൾ ബ്രഹ്മം എന്ന് പറയുന്നു ഭക്തന്മാർ ഭഗവാൻ എന്ന് പറയുന്നു യോഗികൾ പരമാത്മാ എന്ന് പറയണോ പേരുമാറണോ അത്രേയുള്ളൂ വദന്തി തത്വവിധ യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ എന്നാണ് ബ്രഹ്മം എന്ന് പറയുന്നു പരമാത്മ എന്ന് പറയുന്നു ഭഗവാൻ എന്ന് പറയുന്നു പേര് വേറെ വരെ വസ്തു ഒന്ന് തന്നെ അപ്പൊ അതിന് നമ്മളുടെ ഹൃദയസ്ഥാനത്ത് അത് സദാ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് പറഞ്ഞ് സ്ഫുരിച്ചു കൊണ്ടിരിക്കും സദാ നമ്മളുടെ ഉള്ളില് നമ്മളൊക്കെ ഞാൻ ഞാൻ ഞാൻ എന്ന് പറയുന്നുണ്ട് അത് ആത്മസ്ഫൂർത്തിയാണ് നമ്മളുടെ ഉള്ളിലുള്ള ശുദ്ധമായ ചേതന പുറമേക്ക് സ്ഫുരിക്കുന്നതാണ് അഹം അഹം അഹം എന്നു അപ്പൊ നമ്മളുടെ യഥാർത്ഥമായ സ്വരൂപത്തിനെ കണ്ടെത്തുന്നത് തന്നെയാണ് ഈശ്വര സാക്ഷാത്കാരം ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഓഹോ അന്തർമുഖവുമായി ഉള്ളിൽ അന്വേഷിക്കാൻ നമുക്ക് വിഷമം തോന്നുമ്പോ ദുഃഖം തോന്നുമ്പോ അപാരകാരുണ്യം കൊണ്ട് ഭഗവാൻ എന്തു ചെയ്യുന്നു ആ പരമാത്മ വസ്തു തന്നെ ഒരു ദിവ്യരൂപം ധരിച്ച് പുറമേക്ക് വന്ന് നമ്മളുടെ ഹൃദയത്തിനെ ആകർഷിക്കുന്നു തന്നിലേക്ക് ആകർഷിക്കുന്നു ഭഗവാന്റെ കാരുണ്യമല്ലാതെ വേറെ ഒന്നും കാരണവില്ല അവതാരത്തിനും അവതര് അവതരണം എന്നുവെച്ചാൽ തന്നെ അവതാര എന്നുവെച്ചാൽ തന്നെ ചുവട്ടിലേക്ക് ഇറങ്ങി വരിക എന്നാണ് ഇറങ്ങി വരുന്നത് എന്തിനാ ഇറങ്ങിവരുക എന്ന് വെച്ചാൽ എന്താ ാമരൂപം ധരിക്കുക അതും സുന്ദരമായ അതിസുന്ദരമായ നാമരൂപം ധരിച്ച് നമ്മളുടെ മുമ്പിൽ ആ നിർഗുണനിരാകാരമായ ബ്രഹ്മം തന്നെ പ്രകാശിച്ച് നമ്മളുടെ ഹൃദയത്തിനെ ആകർഷിക്കുന്നു ദർശനം തരുന്നു ദർശനം തന്ന് ദേശകാലങ്ങൾക്കതീതമായ ഏതൊരു വസ്തുണ്ടോ കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം ആ പരബ്രഹ്മവസ്തു അവതാരകാലത്ത് കൃഷ്ണനായിട്ടും രാമനായിട്ടും ഒക്കെ വരുന്നു എല്ലാ കാലത്തിലും നമ്മളെ അനുഗ്രഹിക്കാൻ അർച്ചാവതാരം എന്ന് പറയും ദിവ്യക്ഷേത്രങ്ങളിൽ അവിടെവിടെ മൂർത്തിയായിട്ട് പ്രകാശിക്കണം ഇതിലെവിടെങ്കിലും ഒക്കെ ഭക്തി ചെയ്താൽ ഭക്തി പലവിധത്തിൽ നാരദ മഹർഷി പറയുന്നു ഭക്തി പൂജാദിഷു അനുരാഗ ഭക്തിയുടെ ആരംഭത്തിൽ പൂജ ചെയ്യുന്നത് കാണാൻ ഒരു രുചി മറ്റുള്ളവർ പൂജ ചെയ്ത് കാണാനൊരു രുചി നമുക്കും പൂജ ചെയ്യാനൊരു രുചി പൂജാദിഷു അനുരാഗ ഭക്തിഹി ഇത് ആരംഭപ്പടിയാണ് അതായത് ഭഗവാനെ അർച്ചിക്കാനും പൂജിക്കാനും ഭഗവാനെ അലങ്കരിക്കാനും അഭിഷേകം ചെയ്യാനും അതിനൊക്കെ ഒരു രുചി ക്രമേണ കഥാദിഷു അനുരാഗ ഭഗവത് കഥകള് കേൾക്കണത്തില് കഥാശ്രവണത്തിൽ രുചി ഉണ്ടായിത്തുടങ്ങും ആ കഥയില് രതി ഉണ്ടായിത്തുടങ്ങുന്നു ആ രണ്ടാവുമ്പോ ഹൃദയത്തില് ഭഗവാന്റെ ദിവ്യരൂപം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും മനസ്സ് അനേക വഴിക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് ഒരേ ഭാവത്തില് ഒരേ രൂപത്തിൽ ഒരേ ഭാവത്തിൽ ചലിച്ചുകൊണ്ടിരിക്കും പ്രിയത്തോടെ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കും ഇത് ധ്യാനം അനുസന്ധാനം ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കണം എന്നൊന്നുമില്ല നടക്കുമ്പോഴും വീട്ട് പണി ചെയ് ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഈ ഒരു റിക്കളക്ഷൻ ഒരു സ്മൃതി ഉണ്ടായിക്കൊണ്ടേയിരിക്കും അനുസന്ധാനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ധ്യാനം ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും ഭഗവാന്റെ ഏതെങ്കിലും ദിവ്യരൂപത്തിൽ ധ്യാനം ഏർപ്പെട്ടാൽ മനസ്സ് ഏകാഗ്രപ്പെട്ടാൽ കുറച്ചു കഴിയുമ്പോൾ ആ ദിവ്യരൂപം സ്വയമേവ ഉള്ളിൽ നിന്നും മറയും മനസ് ആ രൂപത്തിനെ ആശ്രയിച്ചു കൊണ്ടിരുന്നു ഇപ്പൊ ആ രൂപവും മറഞ്ഞു കഴിയുമ്പോ ശുദ്ധമായ ആത്മപ്രകാശം ബോധപ്രകാശം ചൈതന്യ അനുഭൂതി ശുദ്ധമായ ആത്മാനുഭവം ഹൃദയത്തിൽ ഏർപ്പെടും ആത്മസാക്ഷാത്കാരം ഏർപ്പെടും അതുകൊണ്ട് ഭക്തിയാ ജ്ഞാനം പ്രജായത്തെ ഭക്തികൊണ്ട് സ്വരൂപത്തിനെ അറിയുന്നു സ്വസ്വരൂപത്തിനെ അറിയുന്നു സ്വസ്വരൂപത്തിനെ അറിഞ്ഞാലും പിന്നെയും ഭക്തി തുടരാ അതിന് പരാഭക്തി എന്നുപേര് ഞാത്വ ജ്ഞാനേന് സ്വാത്മാനം ഞാത്വ ഭക്തിയാം ഭജ ഉദ്ധവനോട് ഭഗവാൻ പറയുന്നുണ്ട് ജ്ഞാനം കൊണ്ട് ആത്മാവിനെ അറിഞ്ഞ് ഭക്തി കൊണ്ട് എന്നെ ഭജിക്കും ഭാഗവത സിദ്ധാന്ത സമഗ്ര സിദ്ധാന്തമാണത് ജ്ഞാനം കൊണ്ട് അറിയേണ്ടത് അറിഞ്ഞിട്ട് യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഫലേച്ഛയും കൂടാതെ ഭഗവാനോട് ഭക്തി ആ അവസ്ഥയിലുള്ള ജ്ഞാനികളുടെ ഹൃദയത്തിനെ ഭഗവത് കഥകൾ ആകർഷിക്കുന്നു എന്നുള്ളതാണ് ആശ്ചര്യം നിർഗുണമായ തത്വത്തിനെ അറിഞ്ഞ ശ്രീ മഹർഷി ഭഗവാന്റെ ദിവ്യലീലകളെ പറയുന്നു ആസ്വദിച്ചു പറയുന്നു നിർഗ്രന്ഥാ ഉരുക്രമേ കുറുവ അഹൈതുകീം ഭക്തി ഹരി അഹങ്കാരത്തിന്റെ ബന്ധനം നീങ്ങിക്കഴിഞ്ഞ ജ്ഞാനികൾ കൃഷ്ണകഥ പറയുന്നു ഭഗവാന്റെ കഥകൾ പറയുന്നു ദിവ്യലീലകളെ പറയുന്നു ഭഗവാനും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ ലീലകൾ ചെയ്തത് ജ്ഞാനീ സ്വാത്മൈവമേ മതം ജ്ഞാനീ ആത്മാവ് തന്നെയാണ് ജ്ഞാനും ജ്ഞാനിയും ഭേദമില്ല പക്ഷെ ജ്ഞാനികളും ഭഗവാന്റെ കഥയില് രമിക്കുന്നു വെച്ചാൽ എന്റെ അർത്ഥം ഭഗവാന്റെ കഥയിൽ രമിക്കുന്നതും സ്വസ്വരൂപത്തിൽ രമിക്കുന്നതും രണ്ടല്ല ആ കഥാശ്രവണം ആണിപ്പോ ശ്രീ സുഖബ്രഹ്മഹർഷി പരീക്ഷത്തിനായിട്ട് ആ ഭാഗ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഭഗവാൻ ഭഗവാന്റെ ദിവ്യലീലകളെ നമ്മൾ ആരംഭിച്ചു വെച്ചു കൃഷ്ണകഥയില് കൃഷ്ണകഥയിൽ ഭഗവാന്റെ ലീലകൾ ആരംഭിച്ചു വെച്ചു ചാരുണാ ചോരണേന് മഹാബലിയോട് വാമനനായിട്ട് യാചിക്കാൻ ചെന്നപ്പോ മഹാബലി ഭഗവാനോട് പറഞ്ഞു എന്റെ അടുത്ത് യാചിക്കാൻ വന്നിട്ട് നാളെ വേറെ ആരുടെ അടുത്തും പോയി അങ്ങ് ചോദിക്കരുത് അതുകൊണ്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ ഇനി വേറെ ആരുടെടുത്തെങ്കിലും പോയി ചോദിച്ചാൽ നാട്ടുകാര് പറയും മഹാബലിയുടെ അടുത്ത് യാചിക്കാൻ പോയ ആള് താ ഇന്ന് എന്റെ വീട്ടിൽ വന്ന് ചോദിച്ചു എന്ന് പറയാൻ വരരുത് അതിന് ഇടവയ്ക്കരുത് അപ്പൊ ഭഗവാൻ തഥാസ്തു എന്ന് പറഞ്ഞത്രേ ഇനി ഞാൻ ചോദിക്കില്ല ഇനി കക്കുകയുള്ളൂ എന്നാണ് അങ്ങനെയാണ് കൃഷ്ണാവതാരത്തിൽ ചോദിക്കലില്ല ആ കക്കലാണ് മോഷ്ടിക്കലാണ് അത് ആരുടെ മോഷ്ടിക്കണത് ഞാൻ മമഖലു ബലിഗേ ഹെനും പൂർവമസ്താം മാവലിയുടെ വീട്ടില് പോയി യാജിക്ക യാചിച്ച ഞാന് ഇനി പെണ്ണങ്ങളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയെ മോശം അതുകൊണ്ട് ചാരുണ ചോറണ ഇനി കക്കേ ഉള്ളൂന്നാണ് മോഷ്ടിക്ക നേരെ ചൊവ്വേ തന്നിട്ടില്ലെങ്കിൽ മോഷ്ടിക്കാന്നാണ് അപഹരിക്കാം ഭക്തിയുടെ ഭഗവാന്റെ കൃപയുടെ ഒരു നിഗൂഢതയാണിത് ചിലർ അവര് സ്വയമേ ഭ